ഇതെല്ലാം ശൂന്യമാണ് ശൂന്യമാണ് ഇങ്ങനെ വിഷയങ്ങളായി കാണുന്നത് അങ്ങനെ വിജ്ഞാനത്തിന്റെ അവിദ്യാശക്തി പ്രകാശിപ്പിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ വരുന്ന പ്രശ്നം വിജ്ഞാനവും അസത്വമായിട്ട് അങ്ങനെ ബന്ധപ്പെടും അസത്വം എന്ന് പറഞ്ഞാൽ അധ്യാപകരിലാണ് വിജ്ഞാനം ില്ല അതുകൊണ്ട് വിജ്ഞാനത്തിന് അസത്തിനപ്പുറം ആകാശിപ്പിക്കാൻ പറ്റത്തില്ല അഹോബായ അയം അതിനിർവൃത്ത അതിസുഖിയാണ് നിർവൃത്താൽ പ്രത്യേക തപസ് പ്രത്യേക ഒരു തപസിയെ പോലെയാണ് സുഖിയായ പക്ഷെ അസത്യവി നിരൂപണം ആയതേ അസത്വത്തിന് നിരൂപണം ചെയ്യും പ്രത്യേകം വിജ്ഞാനം അസത്തിനെ പ്രകാശിപ്പിക്കും നത്യേകത്തെ ആദത്തത്തിന് പ്രത്യേകത്തിന് കൊടുക്കാനൊന്നുമില്ല ജ്ഞാനത്തിന് അസത്തിന് കൊടുക്കാനൊന്നും എന്നാൽ അസത്തിനനുസരിച്ചാണ് ജ്ഞാനം ജ്ഞാനത്തിൽ കാണുന്ന ഭേദങ്ങൾ ഘടജ്ഞാനം പടജ്ഞാനം പുസ്തകജ്ഞാനം മേശ ഒക്കെ അസത്തിനനുസരിച്ചാണ് നോക്കുന്നത് അസദാധീത നിരൂപണം ആണ് ഞാനും എന്ന് സത്തിനനുസരിച്ച് ജ്ഞാനത്തിന് മാറ്റം വരുന്നത് കൊണ്ടാണ് എന്നാൽ ജ്ഞാനത്തിന് അസത്തുമായിട്ട് എന്താകാൻ തോന്നിച്ച് അത് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് ജ്ഞാനം അതിസുഖിയാണ് മറ്റുള്ളതെല്ലാം ജ്ഞാനത്തിന് വേണ്ടി ജ്ഞാനം ഒന്നിനു വേണ്ടിയല്ല എന്ന് പറയേണ്ടി വരും അഹോ അസ്യ ഈ പ്രത്യക്ഷത്തിൽ പ്രത്യം ജ്ഞാനത്തിന്റെ അസത്പക്ഷപാതം അസത്തിനോടുള്ള പക്ഷപാതം വളരെ അഭിജീകപരമായിരിക്കും എന്താണ് ജ്ഞാനം അസത്തിനധീനമാണ് ഞാനുണ്ടാവും വസ്തു മേശിയൊക്കെ അസത്താണ് അതിനധീനമായി ഞാനുണ്ടാകും എന്നാൽ ജ്ഞാനത്തിന് അസത്തുമായിട്ടൊരു കടപ്പാടും ഇല്ല എന്ന് പറയും ഒരു ബന്ധമില്ല എന്ന് പറയുന്നതാണ് അസത്പക്ഷപാതം യയം ആ തുത്പത്തി അ തദ്ത്മാ തദ് പറയുന്നു ജ്ഞാനം പ്രത്യയം പറയുന്നു ജ്ഞാനം എന്ന് പറയുന്നു ആ തതുപത്തി തസ്മാതുപത്തി തതുത്പത്തി ന തതുപത്തിൽ എസ് സോ അതതുപത്തി എന്ന് പറഞ്ഞാൽ ജ്ഞാനം അതതുപത്തിയാണ് അസത്തുൽ നിന്നുണ്ടാകുന്നതാണ് െന്ന് പറയുമ്പോൾ ബൗദ്ധന്മാർ പറയുന്നത് എന്താണ് ഇതെല്ലാം ശൂന്യമാണ് ഇപ്പം ഈ കാണുന്നതൊക്കെ ശൂന്യം തന്നെയാണ് ഈ കാണുന്നതെല്ലാം ജ്ഞാനമോ ജ്ഞാനം ശൂന്യത്തിൽ നിന്നും ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത് കാരണം അങ്ങനെ പറയാൻ പറ്റില്ല വന്ധ്യാപത്തിൽ നിന്നും ഒന്നും ഉണ്ടാകത്തില്ല പിന്നെ ജ്ഞാനം ശൂന്യത്തിനങ്ങനെ ഉണ്ടാവും അതാണ് അഹോബദ ആശ്ചര്യമാണ് അസ്യ ഈ പ്രത്യയത്തിന്റെ അസത്പക്ഷപാതം അസത്പക്ഷപാതം എന്താണ് അയം ആ തതുപത്തി അയൊന്നുവെച്ചാൽ ഇപ്രത്യം ജ്ഞാനം ആ തത് ഉത്പത്തി അത് അസത്തിൽ നിന്നുണ്ടായതല്ല ആ തഥാത്മാജ അസത്വ സ്വരൂപല്ല ജ്ഞാനത്തെ ആ അസത്വ സ്വരൂപം എന്ന് പറയാൻ പറ്റില്ല കാരണം അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാനെങ്ങനെ അസത്തിനെ പ്രകാശിപ്പിക്കണമെങ്കിൽ അത് അസത്തിൽ നിന്ന് വേറെ ആയിരിക്കും ഉദാഹരണം പറഞ്ഞ അതിന്റെ പ്രകാശം എന്ന് പറയുന്ന പുസ്തകം ഞാൻ പുസ്തകത്തിന്റെ ജ്ഞാനം അതാണ് പുസ്തക പ്രകാശം അപ്പൊ ആ പുസ്തകം ജ്ഞാനം പ്രസവം തന്നെ പറഞ്ഞാൽ പുസ്തകത്തിന്റെ ജ്ഞാനം പറയും പുസ്തകത്തിന്റെ ജ്ഞാനം എന്ന് പറയുമ്പോൾ തന്നെ പ്രസവം വേറെ ജ്ഞാനം വേറെ പുസ്തകം അസത്താണ് ജ്ഞാനം അസത്തല്ല എന്ന് പറഞ്ഞാൽ ആ താതാത്മ്യം ജ്ഞാനം അസസ്വരൂപമല്ല ജ്ഞാനം പുസ്തക സ്വരൂപമല്ല എന്നിങ്ങനെ പറയാൻ പറ്റില്ല അത് അപ്പോൾ ജ്ഞാനം അസത്തിൽ നിന്നുണ്ടായതല്ല അസസ്വരൂപമാണ് എന്നാ നിങ്ങൾ പറയുന്നത് എന്താണ് തത് അവിനാഭാവം അത് അസത് വ്യാപ്തമാണെന്ന് പറഞ്ഞു അസത്വ്യാപ്തം എന്ന് പറഞ്ഞാൽ എന്താണ് ധൂമം വന്യവ്യാപ്തമാണ് പുക എന്ന് പറയുന്നത് വന്യവ്യാപ്തമാണ് ഭംഗിയുണ്ട് അങ്ങനെയാണ് പുക വന്യവ്യാപ്തമെന്ന് പറയുന്നത് വന്യയുടെ വ്യാപ്തിയുണ്ട് ബോധന്മാർ പറയുന്നതനുസരിച്ച് അങ്ങനെ വ്യാപ്തി പറയണമെങ്കിൽ അങ്ങനെയാണ് അഭിനാഭാവ നിയമം എന്ന് പറയുന്നത് ഭാവെന്ന അതാണ് അവിനാഭാവം ഒന്നിനെ കൂടാതെ മറ്റൊന്നിരിക്കില്ല ഇരിക്കില്ല തീയക്കൂടാതെ പുകയിരിക്കത്തില്ല അതാണ് അവിനാഭാവം അതിന് തീയുടെ അവിനാഭാവം പുകയിലുണ്ട് എന്തുകൊണ്ട് തീയക്കൂടാതെ പുകയിരിക്കത്തില്ല എവിടെ പുകയുണ്ടോ അവിടെ തിരികെ പറയുന്നു അസത്തിന്റെ അവിനാഭാവമാണ് വ്യാപ്തമാണ് ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജ്ഞാനം അസത്തിൽ നിന്ന് ഉണ്ടായതാകണം അതുപോലെ അഗ്നിയിൽ നിന്നുണ്ടാകുന്ന പുക അഗ്നിയുടെ വ്യാപ്തമാണ് വ്യാപ്യമാണ് പുക അഗ്നിയാൽ വ്യാപ്തമാണ് അല്ലെങ്കിൽ അഗ്നിയുടെ വ്യാപ്യമാണ് പുക അഗ്നി ഉള്ളടുത്തേ പുകയില്ല അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കണമെങ്കിൽ എന്തുകൊണ്ട് പറയുന്നു അത് പുക അഗ്നിയിൽ നിന്നും ഉണ്ടായതുകൊണ്ടാണ് ധൂമം അഗ്നിയിൽ നിന്നും ഉണ്ടായത് കൊണ്ടാണ് പറയുന്നത് എന്താണ് ധൂമം അവിനാഭാവമാണ് തീയക്കൂടാതെ ഇരിക്കാത്താണെന്ന് പറയുന്നത് ചോദിക്കുന്നു അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജ്ഞാനം അസത്തിന്റെ വ്യാപ്തമാണോ അതിനോട് അവിനാഭാവമുള്ളതാണോ പറയുന്നത് അതല്ല അത് ശരിയാകത്തില്ല അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ശരിയാകത്തില്ല എന്നാണ് ബൗദ്ധന്മാരെന്താ പറയുന്നത് ഞാനുണ്ടെങ്കിലേ ഇതൊക്കെ ഉണ്ട് ഞാനും ഇല്ലെങ്കിൽ ഒന്നുമില്ല ഇതാണ് എന്നുവെച്ചാൽ അവിടെ അവിനാഭാവത്തെ പറയുണ്ട് ജ്ഞാനമുണ്ടെങ്കിൽ വിഷയമുണ്ട് ജ്ഞാനമില്ലെങ്കിൽ വിഷയം ജ്ഞാനമുണ്ടെങ്കിൽ പുസ്തകമുണ്ട് ജ്ഞാനമില്ലെങ്കിൽ പുസ്തകമുണ്ട് ഇതാണ് അവർ പറയുന്നത് ജ്ഞാനത്തെ ആശ്രയിച്ചാണ് പുസ്തകം അത് വിജ്ഞാനവാദികൾ അങ്ങനെ പറയും ഞാൻ ഉള്ളതുകൊണ്ടാണ് ശൂന്യവാദികൾ പറയുന്നത് എന്താണ് ശൂന്യം ഉള്ളത് കൊണ്ടാണ് ജ്ഞാനമുള്ളത് ശൂന്യുള്ളത് കൊണ്ടാണ് ജ്ഞാനമുള്ളത് പന്നി ഉള്ളത് കൊണ്ടാണ് ധൂമുള്ളത് ഇപ്പം ചോദിക്കുന്നപ്പോൾ പന്നിയിൽ നിന്ന് ധൂമം ഉണ്ടായി അതുകൊണ്ട് അങ്ങനെ പറയാം പന്നി ഉള്ളത് കൊണ്ടാണ് ധൂമുള്ളത് നിങ്ങൾ പറയുമോ അസത്തിൽ നിന്ന് ഞാനുണ്ടായിരുന്നു പറയാൻ പറ്റൂ ശൂന്യവാദികൾക്ക് അത് പറയാൻ പറ്റൂ കാരണം എന്തുകൊണ്ട് അന്ധ്യാവസ്ഥരിൽ നിന്നൊന്നും ഉണ്ടാവുന്നില്ല ശൂന്യവാദികൾക്ക് അവിനാഭാവ നിയമം ജ്ഞാനത്തിൽ പറയാൻ പറ്റില്ല അങ്ങനെ പറയണമെങ്കിൽ തതുപ്പത്തി സ്വീകരിക്കണം അതായത് ശൂന്യത്തിൽ നിന്ന് ഞാനുണ്ടായി എന്ന് സ്വീകരിക്കണം അങ്ങനെയാണെങ്കിൽ പറയാം എവിടെ എവിടെയെല്ലാം ഞാനും ഉണ്ടോ അവിടെ എവിടെയെല്ലാം ശൂന്യം ഉണ്ടെന്ന് പറയാം എവിടെ എവിടെയെല്ലാം ഞാനുണ്ടോ അവിടെ എവിടെയെല്ലാം ശൂന്യം ഉണ്ടോ എന്ന് പറയാം എന്തുകൊണ്ട് ശൂന്യത്തിൽ ശൂന്യത്തിൽ നിന്നാണ് ഞാനോണ്ടായത് അതുകൊണ്ട് എവിടെ എവിടെയെല്ലാം ഞാനുണ്ടോ അവിടെ എവിടെയെല്ലാം ശൂന്യം പറയാൻ പറ്റും അങ്ങനെ പറയേണ്ടതാണ് ശൂന്യവാദികൾ പക്ഷെ അങ്ങനെ പറയാൻ പറ്റില്ലെന്നാണ് സിദ്ധാന്തം പറയുന്നത് എന്തുകൊണ്ട് ശൂന്യത്തിൽ നിന്ന് ഞാനോണ്ടെന്ന് ശൂന്യവാദി അംഗീകരിക്കുന്നില്ല അതാണ് പ്രശ്നം ശൂന്യം അധ്യാപകരുടെ പോലെയാണ് അപ്പൊ എവിടെ ഉണ്ടോ അവിടെ എവിടെയെല്ലാം പറയാൻ പറ്റും ശൂന്യത്തിൽ ഞാനുണ്ടായാലേ അങ്ങനെ പറയാൻ പറ്റും പക്ഷെ ശൂന്യേതുള്ള ഒരു അഭിനാഭാവം നിയമം പറയുന്നുണ്ട് അവരെന്താ പറയുന്നത് എവിടെ എവിടെയെല്ലാം ഞാനുണ്ടോ അവിടെ എവിടെയെല്ലാം ശൂന്യം ഉണ്ടോ അത് ശരിയല്ലെന്നാണ് പറയുന്നത് പറയാൻ പറ്റില്ല ഞങ്ങളുടെ നിയമം അനുസരിച്ച് അങ്ങനെ പറയണമെങ്കിൽ ആ ശൂന്യത്തിൽ ഞാനും ഉണ്ടതുപോലെ മഞ്ഞിയിൽ നിന്ന് ധൂമുണ്ടായിരുന്നു മഞ്ഞിയിൽ നിന്ന് ധൂമം ഉണ്ടായതുകൊണ്ടാണ് പറയുന്നത് എന്താ ധൂമം ഉണ്ടോ അവിടെ എവിടെയെല്ലാം മഞ്ഞ അങ്ങനെ പറയണമെങ്കിലും മന്യയിൽ നിന്നും ധൂമം ഉണ്ടാവണം അതുപോലെ ശൂന്യത്തിൽ നിന്നും ഞാനും ഉണ്ടായ ഞാനുണ്ടോ അവിടെ എവിടെയെല്ലാം ശൂന്യം ഉണ്ടാഭാവം ധൂമം വന്യവ്യാപ്തമായതുപോലെ ജ്ഞാനം ശൂന്യവ്യാപ്തമാണ് അങ്ങനെ ഇല്ലാന്നു പിന്നെ അവനാഭാവം പറയുന്നതിന് വേറെന്തെന്താണ് ആ തഥാത്മാ തദാത്മാവായി ജ്ഞാനം ശൂന്യസ്വരൂപമാണെങ്കിലും പറയാം ബൗദ്ധന്മാർ പറയുന്നതനുസരിച്ച് ജ്ഞാനോന്ന് പറയുന്നത് ശൂന്യമാണെങ്കിലും എന്ന് പറയാം അവിനാഭാവ നിയമം പറയാം വിടെ അവിടെ എവിടെയെല്ലാം വൃക്ഷത്വം ഉണ്ടോന്ന് ശിംസപാന്ന് പറയുന്നത് അശോകം അശോകത്തിൽ എന്തുണ്ട് ശിംസപാത്വുണ്ട് അവിടെ എന്തുണ്ട് വൃക്ഷത്വവും ഉണ്ട് കാരണം എന്തുകൊണ്ട് ശിംസപാ തന്നെയാണ് വൃക്ഷം വൃക്ഷം തന്നെയാണ് അത് താതാത്മീനിയമം അവിനാഭാവം പറയണമെങ്കിൽ രണ്ട് വസ്തുക്കൾ തമ്മിൽ താതാത്മ്യം ഉണ്ടെങ്കിലും പറയാം അവിനാഭാവം എവിടെ എവിടെയെല്ലാം എവിടെ എവിടെയെല്ലാം ശിംസഭാത്വമുണ്ടോ അവിടെ എവിടെയെല്ലാം വൃക്ഷത്വമുണ്ടെന്നും പറയാം അതുപോലെ ജ്ഞാനവും ശൂന്യവുമായിട്ട് താതാത്മ്യത്തിലാണെങ്കിലും പറയാം ശൂന്യത്തിന്റെ അവിനാഭാവനിയവും ജ്ഞാനത്തിലുണ്ടെന്നും പറയാം അങ്ങനെയാണെങ്കിൽ ജ്ഞാനവും ജ്ഞാനവും ശൂന്യവും തമ്മിൽ താതാമ്യം എന്ന നിയമമുണ്ടെങ്കിൽ രണ്ടും ഒന്നാണെന്നുള്ള നിയമം ജ്ഞാനം ശൂന്യത്തിൽ താതാമ്യത്തിലാണെന്ന് പറഞ്ഞാൽ എന്തു പറയാം ജ്ഞാനത്തിൽ അവനാഭാവനിയമം ബിടാതെ നിലകുക്കുക അതാണ് അവനാഭാവ നിയമം എന്ന് പറയുന്നത് നിലനിക്ക് ശിംസഭാത്വം ഉള്ളിടത്ത് വൃക്ഷത്വമുണ്ട് ിൽ ആമ്രത്വം ആമ്രം മാത്വുണ്ട് അവിടെ വൃക്ഷത്വമുണ്ട് അപ്പൊ വൃക്ഷത്വത്തിന് വിടാതെ എപ്പോഴും എന്തു നിക്കും എന്താ നിൽക്കുന്നത് അമ്പ്രത്വം ഇതാണ് താതാമ്യം താതാമ്യം ഉള്ളടത്ത് എന്തെങ്കിലും അവിനാഭാവ നിയമം എന്ന് വെച്ചാൽ വ്യാപ്തി വരുമെന്നുള്ള അവിനാഭാവ നിയമം ഇപ്പോൾ ബൗദ്ധന്മാരുടെ രണ്ട് സ്ഥലത്താണ് ഈ അവനാഭാവ നിയമം വ്യാപ്തി ഒന്ന് തതുപ്പത്തി അതിൽ നിന്ന് ഉണ്ടാകുന്ന ഒന്നിൽ അവനാഭാവ നിയമം വരും അതായത് വന്യയിൽ നിന്ന് ധൂമം ഉണ്ടായാൽ അതിൽ അവിനാഭാവം വരും മറ്റൊന്ന് തത് താതാത്മ്യം അതിനോട് താതാത്മ്യത്തിയിരിക്കുന്നുവെന്നിൽ അവിനാഭാവ നിയമം വരും തതുപത്തിനിയും അതിന് ഉദാഹരണം എന്താണ് അഭിനീന്തവും താതാത്മ്യനിയും അതിനെന്താണ് ഉദാഹരണം വിക്ഷത്വവും പോലും ഇത് രണ്ടുള്ളടത്തെ അവിനാഭാവനിയവും കൽപ്പിക്കാൻ പറ്റും അപ്പോ ഇവരിപ്പോൾ ശൂന്യവാദികൾ പറയുന്നത് ശൂന്യത്തിനോട് അവിനാഭാവം നിയമമുള്ളതാണ് ജ്ഞാനം എന്നാണ് എന്നുവെച്ചാൽ ജ്ഞാനം എവിടെയൊക്കെ ഉണ്ട് അവിടെയൊക്കെ ശൂന്യം ഉണ്ടായിരിക്കും അങ്ങനെ ഒരു നിയമം പറയണമെങ്കിൽ ചോദിക്കുകയാണ് നിങ്ങൾ എങ്ങനെ അങ്ങനെ ഒരു നിയമം പറഞ്ഞു നിയമം പറയണമെങ്കിൽ ഒന്നെങ്കിൽ ജ്ഞാനം ശൂന്യത്തിൽ നിന്നുണ്ടായിരിക്കണം അല്ലെങ്കിൽ ജ്ഞാനം ശൂന്യത്തോട് താതാത്മ്യത്തിൽ ഇരിക്കുന്നു ഇത് രണ്ടുപേർ അംഗീകരിക്കുന്നുമില്ല ആര് ബൗദ്ധന്മാര് ബൗദ്ധന്മാരെ അംഗീകരിക്കുന്നില്ല എന്തുണ്ടാവുന്നില്ല എന്നും ജ്ഞാനം ശൂന്യത്തിൽ ഉണ്ടാവുന്നതായിട്ട് അംഗീകരിക്കുന്നില്ല ശൂന്യ താതാത്മ്യത്തിൽ ഇരിക്കുന്നു അംഗീകരിക്കുന്നു അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ വ്യാപ്തി സ്വീകരിക്കാൻ അതുകൊണ്ട് എന്താണ് നിങ്ങൾ ഇതെല്ലാം അസത്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനത്തിന് ഇതിനെ പ്രകാശിപ്പിക്കാൻ പറ്റില്ല ഇതിനെ അറിയാൻ കഴിയത്തില്ല അതാണ് ചുരുക്കം അതാണ് അഹോബ അസ്യായ അസത്പക്ഷപാതം അസ്യാന്ന് വെച്ചാൽ പ്രത്യേക ജ്ഞാനത്തിന്റെ അസത്പക്ഷപക്ഷപാതം വലിയ ആശ്ചര്യം തന്നെയെന്നു കൊണ്ട് യഥയം ഈ ജ്ഞാനം അതതുപത്തി ശൂന്യത്തിൽ നിന്നുണ്ടായതല്ല അതാത്മാ ശൂന്യത്തോട് താതാത്മ്യത്തിരിക്കുന്നു അല്ല ഏത് ആ താത്മാ തദ്ാഭാവ നീത എന്നാ പറയുന്നത് എന്താണ് നിങ്ങൾ ശൂന്യം തത് അവിനാഭാവ നിയമം ഉള്ളതാണ് പ്രത്യേകി പ്രത്യയ തദ്വിനാഭാവ നിയമം നീത എന്ന് വെച്ചാൽ പ്രത്യേകം തദ്വിച്ച ശൂന്യം ശൂന്യ അവിനാഭാവനിയമം ഉള്ളതാണ് എന്ന് പറഞ്ഞാൽ പ്രത്യേകം ജ്ഞാനം തത് ശൂന്യത്തിനോട് വ്യാപ്തമാണ് അല്ലെങ്കിൽ ശൂന്യത്തിൻ്റെ വ്യാപ്തി ഉള്ളതാണ് വിധി എന്ന് നിങ്ങൾ പറയുന്നത് ആശ്ചര്യമാണ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരിക്കലും ശൂന്യുമായിട്ട് ജ്ഞാനത്തിന് ഒരു ബന്ധത്തെ ഉണ്ടാക്കാൻ പറ്റത്തില്ല അപ്പം ജ്ഞാനം ശൂന്യത്തെ പ്രകാശിപ്പിക്കുന്നു എന്ന് പറയാൻ കഴിയത്തില്ല ഇതൊക്കെ ശൂന്യവാദിയെ ഖണ്ണിക്കയാണ് ആര് സത്കാതിവാദി സഖ്യാതിവാദി സഖ്യാധിവാദി ശൂന്യവാദി ഖണ്ണിക്കുകയാണ് അതുകൊണ്ട് സത്യാധിവാദി പറയാണ് തസ്മാ ഈ ചോദ്യം ചോദിക്കുന്നത് സഖ്യാധിവാദി ഉത്തരം പറയുന്ന അസത്യാധിവാദിയാണ് ഇതുവരെ അത്യന്ത അസന്തേന്ദ്രിയോ നിസ്തത്വ അനുഭവം അർഹന്തീരി അതുകൊണ്ട് ഇതുവരെ പറഞ്ഞ കാരണങ്ങളെ കൊണ്ട് അത്യന്ത അസന്ത അത്യന്തശൂന്യായിരിക്കുന്ന ശരീരേന്ദ്രിയാദികൾ ശരീരേന്ദ്രിയാദി പ്രപഞ്ചം മുഴുവനും നിസ്തത്വ അതെന്താണ് നിസ്തത്വം എന്ന് വെച്ചാൽ ശൂന്യമാണ് അനുഭവ വിഷയാ ഭയതും അർഹന്തി അതുകൊണ്ട് തന്നെ എന്താണ് അനുഭവത്തിന് വിഷയം ആകുന്നില്ല ആകാൻ യോഗ്യമല്ല എന്ന് വെച്ചാൽ ആകുന്നില്ല അനുഭവത്തിന് വിഷയമാകത്തില്ലേ ഏത് ഏതാണ് ഈ പഠനത്തിനൊക്കെ ശൂന്യമായി സ്വീകരിച്ചു കഴിഞ്ഞു ശരീര ഇന്ദ്രിയാദികളൊക്കെ അനുഭവത്തിന് വിഷയമാണ് ശരീരാന്ത്രി ശരീരേന്ദ്രിയങ്ങളെല്ലാം ശൂന്യമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇത് അത്യന്ത അസത്താവും ഞാനും ഇതുമായിട്ടൊരു സംബന്ധം ഇല്ലാതെ വരും അപ്പം ഞാനതിനെ ഒന്നും പ്രകാശിപ്പിക്കാൻ കഴിയത്തില്ല ഇതിനറിയാതും ശരീരേന്ദ്രിയാദിയോ നിസ്തത്വ നിസ്തത്വമല്ല വാസ്തവമല്ല എന്നാ അനുഭവ വിഷയ ഭയതുമർഹന്തി അതുകൊണ്ടത് ഒരിക്കലും അനുഭവത്തിന് വിഷയം അകത്തില്ല എന്ന് സത്കാരിവാദി ആരോട് പറയുന്നു സത് സഖ്യാതിവാദി ആരോട് പറയുന്നു ശൂന്യവാദിയോട് പറയുന്നു അസഖ്യാതിവാദിയോട് പറയുന്നു ും സഖ്യാധിവാദി പറയാണ് അനുഭവം ഈ കാണുന്ന ഇതെല്ലാം നിസ്തത്വ ശൂന്യമാണെങ്കിൽ അനുഭവത്തിന് വിഷയമാകത്തില്ല ആര് പറയുന്നു ഇത് ശൂന്യമാണ് നിസ്തത്വം എന്ന് വെച്ചാൽ ശൂന്യമാണെങ്കിൽ അന്ധ്യാപത്രനെ പോലെ ഓർത്താമുള്ള അന്ധ്യാപത്ര അനുഭവത്തിന് വിഷയമാകത്തില്ല നനുഭവഗോചര തത്കും ഇതാനീം മരീചയോവി തോയാത്മന സ്പത് അനുഭവഗോചര സ്യു ോദ മരീചയോ തോയാത്മന സോചരാു ിമിതാനിപ്പോ മരീചയോപി സൂര്യരശ്മികൾ തോയാത്മന സ്പോയരൂപത്തിൽ ജലരൂപത്തിൽ സത്ത യഥാർത്ഥമായിട്ട് ഈ അതനുഭവ ഗോജരാസ്യവും യഥാർത്ഥമായിട്ടാണോ അനുഭവത്തിന് വിഷയമാകുന്നത് മരുമരീചിക ജലരൂപത്തിൽ സത്യമായിട്ടാണോ അനുഭവത്തിന് വിഷയമാകുന്നതെന്ന് ചോദിക്കുകയാണ് ചോദ്യമാണ് മരീചിയോ ബി തോയാമന സത്വാഹ ഏതനുഭവജരാസ്യം മരുമരീചികയുടെ ഇതാനി എന്ന് പറയുന്ന മരുമരീചികൾ കാണുന്നവനെ സംബന്ധിച്ച് പറയുകയാണ് അവിടുത്തെ ഉഷ്ണകിരണങ്ങൾ മരീചികൾ ജലരൂപത്തിൽ സത്യമായതുകൊണ്ടാണോ എസ്മാത് ഏതനുഭവം അനുഭവഗരാസ്യം അത് അനുഭവത്തിന് വിഷയമാകുന്നത് ചോദിക്കുകയാണ് അഖ്യാതിവാദി പറയുകയാണ് അതുപോലെ അഖ്യാതിവാദിയാണ് ഇന്ന് സത ഒരിക്കലും ഒരിക്കലും ഉഷ്ണകിരണങ്ങൾ ജലരൂപത്തിൽ വാസ്തവമായതുകൊണ്ടല്ലേ അനുഭവമാകുന്നു സത്വാഹ എന്ന് പറഞ്ഞാൽ എന്താണ് വാസ്തവമായതുകൊണ്ടല്ലാതെ അനുഭവത്തിന് വിഷയമാവും തദാത്മനാ മരീചീന അതത്വ തദാത്മ ജലരൂപത്തിൽ മരീചി കിരണങ്ങൾ എന്ന് പറയുന്നത് വാസ്തവമല്ല എന്ന് ഭിപ്രായം പറയു തഥാത്മനാന്ന് വെച്ച ജലരൂപത്തിൽ മരീചി അതത്വന്ന് വെച്ചാൽ വാസ്തവ മരീചി എന്ന് പറയുന്നത് ജലരൂപത്തിൽ എങ്ങനെ വാസ്തവാ മരീചി വാസ്താവുന്നെങ്ങനെ മരീജി രൂപത്തിലാണ് ജലരൂപത്തിലത് വാസ്തവാ അപ്പൊ അസത്താണെങ്കിൽ അനുഭവത്തിന് വിഷയമാകില്ല എന്ന് പറഞ്ഞു ശൂന്യവാദി പറയാണ് അസത്താണെങ്കിൽ അസത്താണ് അനുഭവത്തിന് വിഷയമാകുന്ന പറഞ്ഞു അപ്പോ ചോദിക്കുകയാണ് അസത്താണെങ്കിൽ അനുഭവ വിഷയം ആകത്തില്ലെങ്കിൽ മരീചികൾ എന്താണ് ജലരൂപത്തിൽ സത്താണ് അസത്ത് അനുഭവത്തിന് വിഷയമാകില്ലെന്ന് പറഞ്ഞാൽ ചോദിക്കാണ് മരീചി ജലരൂപത്തിൽ സത്താണ് അവരെ നല്ല അസത്യം എന്താ അത് രൂപത്തിലുള്ള അസത്താണ് പിന്നെ അതെങ്ങനെ അനുഭവപ്പെട്ട വിഷയമാവും ചോദിക്കുന്നത് പിന്നെ എന്താണ് അവിടെ സത്വം അസത്വം എന്നും പറയുന്നത് എന്താണ് വസ്തുക്കൾക്കെല്ലാം രണ്ടു തരത്തിലുള്ള വാസ്തവമുണ്ട് വസ്തുവിനാ തത്വം വസ്തുക്കളുടെ തത്വം എന്ന് വെച്ചാൽ യാഥാർത്ഥ്യം രണ്ടു തരത്തിലുണ്ട് എങ്ങനെ സത്വം അസത്വം ച സത്വവും അസത്വവും തത്ര പൂർവം സ്വത പൂർവം എന്ന് വെച്ചാൽ സത്വം നേരത്തെ സത്വം അസത്വം എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞ സത്വം അത് സ്വതസത്വമാണ് എന്താണെന്ന് വിശദീകരിക്കുന്നു പരന്ത അസത്വം പരതയാണ് സത്വം സ്വതയും അസത്വം പരതയുമാണ് അതങ്ങനെ യഥാകൂ സ്വരൂപരൂപാഭ്യം നിത്യം സദസദാത്മകേ വസ്തുവിഞ്ചിത് രൂപം കൈശിത് കഥാചന ഇത് കുമാരൻ ഭട്ടൻ ശ്ലോകവാർത്തയത്തിൽ പറയുന്നതാണ് സ്വരൂപപരൂപാഭ്യാം നിത്യം സദസാത്മകേ ഒരു വസ്തു തന്നെ സത്വം അസത്വമായിരിക്കുന്നു അങ്ങനെ പുസ്തകം പുസ്തകരൂപേണ സത്വം മേശയുടെ രൂപത്തിൽ അസത്വമാണ് രൂപത്തിൽ ഇരിക്കും രൂപത്തിലിരിക്കും അപ്പൊ പുസ്തകം പുസ്തകരൂപത്തിൽ സത്വം മേശയുടെ രൂപത്തിൽ അസത്വമാണ് നീ അതിനർത്ഥമുള്ളൂ സത്വം അസത്വം എന്ന് പറഞ്ഞു ഇതാകും സ്വരൂപ പരൂപാഭ്യാമം സ്വരൂപേണ സത്വം പരരൂപത്തിൽ നിത്യം ഓരോ വസ്തു അത് സ്ഥിതിചെയ്യുമ്പം എന്ത് ചെയ്യുന്നു സത് അസദാത്മകേ സത് രൂപത്തിലും അസത് രൂപത്തിലുമാണ് എല്ലാ വസ്തുക്കളും ഒരു വസ്തുവിനെ നമുക്ക് സത്വം പറയാം അസത്വം പറയാം അത് ഒരു വസ്തുവല്ല സ്വരൂപേണേ സത്വം പരരൂപത്തിൽ അസത്വമാണ് സത്വം മേശയുടെ രൂപത്തിൽ അസത്വമാണോ അങ്ങനെയുള്ള വസ്തുവിനെ ഞായലെ കിഞ്ചിത് രൂപം കാഴ്ച കഥാക്കണം അപ്പോൾ സത്തും അസത്തുമായിരിക്കുന്ന ഒരു വസ്തു ആ വസ്തുവിൽ കൈശില കഥാചലം ചിലപ്പോൾ കിഞ്ചിത് രൂപം എന്നൊരു രൂപത്തെ ഞാൻ ഇതേ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുസ്തകം അതിന് കൈശത്തൊരു വ്യക്തി ചിലപ്പോൾ എന്തെയ്യുന്നു പിഞ്ചത്ത് രൂപം ഇതിന് പുസ്തകത്തെ പുസ്തകവുമായി അറിയുമ്പോ സത്തം എന്ന് പറയും പുസ്തകം മേശയാണോ എന്ന് ചോദിച്ചാൽ എന്തു പറയും അസത്തം എന്ന് പറയുന്ന പുസ്തകം പുസ്തകരൂപത്തിലേ ഉള്ളൂ മേച്ചയുടെ രൂപത്തിൽ ഇല്ല അതുകൊണ്ട് കഴിച്ച ഒരു വ്യക്തിക്ക് ഒരേ സമയം എന്തു പറയും യാക്കിതിനെ സത്തം എന്ന് പറയാൻ എന്തുകൊണ്ട് പുസ്തകരൂപത്തിൽ സത്തായതുകൊണ്ട് ഇതേ പ്രസവത്തിൽ തന്നെ എന്താണ് കൈസ്റ്റിത് കിഞ്ചിത് രൂപം മറ്റൊരു രൂപം പറയാം ചിലപ്പോൾ ഇളന്തവാസത്വം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് പ്രസ്തവത്തെ അസത്വം എന്ന് പറയുന്നത് മേശയുടെ രൂപത്തില്ല പശു വസത്തം എന്ന് പറയുന്നത് എന്തുകൊണ്ട് അപ്പോൾ കിഞ്ചിത് രൂപം ഏതെങ്കിലും ഒരു രൂപത്തെ ആശ്രയിച്ചിട്ട് പുസ്തകത്തെ പുസ്തകത്തിൻ്റെ രൂപത്തിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ കൈശിലർ കഥാചന ചിലപ്പോൾ സത് എന്നു പറയും പുസ്തകത്തെ മേശയുടെ രൂപത്തിലാണെങ്കിൽ എന്തു പറയും കൈശിലര് കിഞ്ചിത്വരൂപം കഥാചന എന്തുപറയും അസത്തെന്ന് പറയും ഇതേ അതുകൊണ്ട് ഒരു വസ്തുവിനെ തന്നെ എന്തു പറയാം സത്തെന്നും പറയാം സത്ത് അസത്വന്ന് പറയാ ചിലടത്ത് ഭാവാഭാവം ഏറെ പറയും ഇവിടെ സത്ത് അസത്വം എന്നുള്ള രണ്ടു വിഷയങ്ങളാണ് ചർച്ച അവിടെ സത്ത് അസത്വം എന്നുള്ളതിനെ പറയാണ് ഇതിലെ ചിലടത്ത് ഭാവം എന്നും അഭാവം എന്നും പറയും ഭാവം എന്ന് വെച്ചാൽ വസുന്റെ ഇല്ലായ്മ അസത്വം എന്ന് എന്ന് പറഞ്ഞാൽ അസത് ഖ്യാതി ഇല്ല എന്നർത്ഥം ഇവിടെ പറയുന്നു എന്തുകൊണ്ട് പുസ്തകം അസത്വം എന്ന് പറയാൻ പറ്റില്ല പുസ്തകം പുസ്തക രൂപത്തിൽ സത്വം രൂപത്തിൽ അസത്വമാണ് അതുകൊണ്ട് ഇതിനെ അസത് ഖ്യാതി ഇവിടെ പറയാൻ പറ്റില്ല അതുകൊണ്ട് ഇനി സിദ്ധാന്തി പറയാണ് തത് കിംഷുർഭാസപ്രത്യഹ തത്വഗോചരീജിഷു സൂര്യകിരണങ്ങളിൽ തോയ നിർഭാസപ്രത്യഹം ജലം പ്രകടമാകുന്ന അനുഭവം അതാണ് തോയ നിർഭാസപ്രത്യഹം ജലം പ്രകടമാകുന്നതായ അനുഭവം തത്ക്കിം തത്വഗോചര അത് യഥാർത്ഥമാണ് ആ അനുഭവത്തിൻ്റെ വിഷയം തത്വമാണ് എന്നാണ് തത്വത്തെ വിഷയമാക്കുകയാണ് അനുഭവം ജല അനുഭവം ഉണ്ടാകുമ്പോൾ ആ അനുഭവം തത്വത്തെ വിഷയമാക്കുകയാണ് സിദ്ധാന്തം യോഗിക്കുകയാണ് തഥാ സമീചം എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ മരുഭൂമിയിലെ ജനാനുഭവം തത്വത്തെയാണ് വിഷയമാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് തഥാച സമീചന അപ്പൊ അതിന് യഥാർത്ഥം എന്ന് പറയേണ്ടി വരും മരുഭൂമിയിലെ ജലജ്ഞാനത്തിന് എന്ത് പറയേണ്ടി വരും സമീച യഥാർത്ഥം എന്ന് പറയേണ്ടി വരും തഥാച സമീച എന്നാ ഭ്രാന്ത അപ്പൊ ആ വ്യക്തിക്ക് മരുഭൂമി ജലം കാണുന്നതാണ് ഭ്രാന്തൻ എന്ന് പറയാൻ പറ്റില്ല അതായത് ബ്രഹ്മം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല നാഭി ബാധ്യേത അതിന് ബാധയിൽ സംഭവിക്കത്തില്ല ഒരിക്കലും അയാളിത് ജലമല്ല മരിയാണ് അറിയത്തില്ല എന്താന്ന് ചോദിക്കുകയാണ് ഇങ്ങനെയൊക്കെയാണ് മരുഭൂമി കാണുന്ന ജലം യഥാർത്ഥമാണോ ആണെങ്കിൽ എന്താണത് സമീചീനമാണെന്ന് മരുഭൂമിയിൽ കാണുന്ന ഉണ്ടാകുന്ന ജലജ്ഞാനത്തിന്റെ വിഷയം യഥാർത്ഥമാണ് ആണെങ്കിൽ എന്താണ് അയാൾക്ക് യഥാർത്ഥ ജ്ഞാനമാണല്ലോ ഉള്ളത് എന്താ ഭ്രാന്ത അയാളെ ഭ്രാന്തനല്ല അയാളുടെ ജ്ഞാനത്തിന് ജലമാണെന്നുള്ള ജ്ഞാനത്തിന് ഒരിക്കലും ഭ്രാന്തി ഉണ്ടാകത്തില്ല ഇവിടെ ഇനി നിങ്ങളീ പറയുന്നൊക്കെ അംഗീകരിക്കുകയാണെങ്കിൽ എന്നുള്ള അർത്ഥത്താണ് ബാധ്യത ആ മരുഭൂമിയിലെ ജലജ്ഞാനത്തിന് ബാധ ഉണ്ടാകത്തില്ല എന്ന് വാദത്തിന് വേണ്ടി പറയുകയാണെങ്കിൽ ആ തോയാത്മ തൻ ആ തോയാത്മനാകരണീയ അങ്ങനെ ഗ്രഹിക്കുകയാണെങ്കിൽ എതി മരീജിയൻ ആ പ്രകാശത്തെ ആ തോയാത്മതത്വാണ് ജലമല്ലാത്ത വസ്തു ആ തോയാത്മന എന്താണ് ജലം അല്ല എന്ന് ഗ്രഹിക്കുകയാണെങ്കിൽ എന്താണ് പറയുന്നു എതി മരീചിയൻ ആ തോയാത്മതത്വാണ് ജലമല്ലാത്തവേണം ജലമാണോ മരീച്ച അല്ല ആ തോയാത്മനാ ജലമല്ലാന്ന് ഗ്രഹിച്ചു കഴിഞ്ഞെന്ന ബാധ്യത അതിന് ബാധ ഉണ്ടാകത്തില്ല ഉണ്ടാവൂ മരീചി ആ തോയാത്മതത്വം എന്ന് വെച്ചാൽ അത് ജലമല്ല ആ തോയാത്മന ഗൃണിക്കുക അതിന് ജലമല്ലാന്ന് അരുന്ന് മരീചിയായിട്ട് ഗ്രഹിക്കുന്നു അവിടെ ബാധയുണ്ടാവും ഇല്ല തോയാത്മന അത് ഗൃണൻ പക്ഷെ അതിനെ ജലരൂപത്തിലാണ് മനസ്സിലാക്കുന്നത് ഭ്രാന്തിയുള്ള ആള് കഥം അഭ്രാന്ത എങ്ങനെ അയാളെ ഭ്രാന്തി ഇല്ലാത്തവനെന്ന് പറയാൻ പറ്റും കിരണങ്ങളെ ജലമായിട്ട് ഗ്രഹിക്കുന്നവൻ കഥം അഭ്രാന്ത ഭ്രാന്തി ഇല്ലാത്തവൻ എന്നിങ്ങനെ പറയാൻ പറ്റും കഥം അബാധ്യ അയാളുടെ ജലജ്ഞാനം ബാധിക്കുന്നില്ല എന്ന് ഇങ്ങനെ പറയാൻ പറ്റും എന്നാണ് ഇതൊക്കെ സിദ്ധാന്തി പറയുന്നു അദ്വൈതം അപ്പം നേരത്തെ ചോദിച്ച ചോദ്യമാണോ എന്താണോ ഒന്ന് ഇത് ശൂന്യമാണെങ്കിൽ മരുഭൂമിയിലെ അല്ലെങ്കിൽ പ്രപഞ്ചം അല്ലെങ്കിൽ അത് ശൂന്യമാണെങ്കിൽ ഒരിക്കലും അത് അനുഭവത്തിന് വിഷയമാകത്തില്ല അന്ധ്യാവത്തിനുള്ള പോലെ മരുഭൂമിയിലെ ജലം എന്ന് പറയുന്നത് അത് മരീചി വാസ്തവത്തിൽ ജലമായി മാറിയതാണോ നിങ്ങൾ അനുഭവിക്കുന്നത് എന്നാണ് നേരത്തെ ചോദിച്ചത് കിരണങ്ങൾ ജലമായതാണോ നിങ്ങൾ അനുഭവിക്കുന്നത് അല്ലെങ്കിൽ ജലരൂപത്തിലുള്ള സത്യമായ ജലത്തെയാണ് നിങ്ങളവിടെ അനുഭവിക്കുന്നത് പറയുന്നത് അത് പറയാൻ പറ്റില്ല യഥാർത്ഥമാണെന്ന് പറയാൻ പറ്റില്ല എന്തുകൊണ്ട് ജലരൂപത്തിലാണ് മരീചിയില്ല മരീജി മരീജ രൂപത്തിലേ ഉള്ളു അതെന്തുകൊണ്ട് അങ്ങനെ വന്നു കാരണം വസ്തുക്കളുടെ യാഥാർത്ഥ്യം രണ്ടു തരത്തിൽ സ്വരൂപത്തിൽ സത്യവും പരരൂപത്തിൽ അസത്യുമാണ് അത് ചിലപ്പോ ചില ചില ഗ്രഹിക്കും ചിലപ്പോ സ്വരൂപേണായാലും സത്യമായി ഗ്രഹിക്കും ചിലപ്പോൾ പരരൂപേണായാലും അസത്യമായി ഗ്രഹിക്കും കുമാരനവട്ടം പറഞ്ഞവന് ശരി അങ്ങനെയാണെങ്കിൽ മരുഭൂമി ജലം കാണുന്നുണ്ടല്ലോ അത് യഥാർത്ഥമാണോ അതിന്റെ വിഷയം യഥാർത്ഥമാണോ അങ്ങനെയാണെങ്കിൽ കാണുന്നുവന് ശരിയായി ജ്ഞാനമാണോ അയാളെ ഭ്രാന്തനെന്ന് പറയാൻ പറ്റില്ല അയാളുടെ ജ്ഞാനം ബാധിക്കുമെന്നും പറയാൻ പറ്റത്തില്ല ഇനി മരീജി ജലമല്ല അതിനെ ജലമായി വിരയിച്ചാൽ മരുഭൂമി എന്ന് പറയുന്നത് ആ തോയാത്മ തത്വമാണ് അത് ജലമല്ല അതിനെ എന്തു ആ തോയാത്മനാകരണീയ അതിനെ മരീചിയായിട്ടാണ് കാണുകയാണെങ്കിൽ നമ്പാധ്യത അതിന് ബാധ വരത്തില്ല മരീചിയെന്ന് പറയുന്നത് എന്താണ് ആ തോയാത്മതത്വമാണ് ജലമല്ല ആ തോയാത്മനാകരണിയാ ജലമല്ല മരീചിയായിട്ട് തന്നെ അതിന് ആ തോയാത്മന എന്ന് വെച്ചാൽ മരീചിരൂപത്തിൽ ജലമായിട്ടുള്ള മരീചിയായിട്ടാണ് ഗ്രഹിക്കുകയാണെങ്കിൽ നമ്പാദ്യത അതിന് ബാധയുണ്ടാകത്തില്ല പക്ഷേ ബ്രഹ്മോണ സ്ഥലത്തെന്താണ് സിദ്ധാന്തി പറയണത് തോയാത്മനാദു ഗ്രഹാണ് കാണുന്നത് കഥം അഭ്രാന്തായത് ഭ്രാന്തി ഇല്ലെന്നിങ്ങനെ പറയാൻ പറ്റും കഥം അപാധ്യ ആ അനുഭവം ബാധിക്കില്ല എന്നിങ്ങനെ പറയാൻ പറ്റും സിദ്ധാന്തി പറയുകയാണ് അതുകൊണ്ട് സിദ്ധാന്തി എന്താ പറയുന്നത് മരുഭൂമി കാണുന്നത് ആ ഉഷ്ണകിരണങ്ങളെ ജലമായിട്ടാണ് കാണുന്നത് അത് ഭ്രാന്തിയാണ് അതിന് ബാധ ഉണ്ടാവുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ഇത് വരും ഉഷ്ണകിരണങ്ങളാണ് ജലമല്ല എന്ന് പറയുന്നത് ഇതാണ് സിദ്ധാന്തി പറയുന്നത്